അളവറ്റരുളാളനും നികുടയോനുമാക്കിയ അല്ലാഹുവരോ അളവറ്റ അരുളാളൻ നികരട്ട അൻപുടയോത്തിലത് അറിന്ണറും മക്കൾക്ക് അറബിയിൽ കുർണ നിലയിൽ അതനുസരിച്ചുള്ള നന്മാരായം കൂടുവും അച്ചമൂട്ടി എച്ചാൽ അവർ പെരുമ്പോൾ പുറക്കണിക്കുന്നതും ഇല്ല എം എഴക്കോ അതായി വിട്ടും എങ്ങനെ ഇറയ മൂടപ്പെട്ടുള്ള എങ്കിൽ കാണുന്ന മന്ദം എടയിലും ഉമക്കിടയിലും തരുന്നത് ആകെ ഉം വേലയെ വഹി അറിയിക്കപ്പെടുന്നത് നിശ്ചയമാനെ നോക്കി ഉറിയാ നീള ഇന്നും അവനം നിങ്ങൾ മന്നിപ്പ് കേളുങ്ക അഞ്ചിയും അവനുക്ക് ഇണൈവരു കേടുതാൻ നബിയേർ കൂറും അവരാത്ത കൊടുക്കാതെ മറമയെ നിും അവയ ഈമാൻ കൊണ്ട് സാലികൾ ചെയ്താകോ അവലി ഉണ്ട് ഭൂമിയെ ഇരണ്ടേ നാടുകളിൽ പഠിത്തവനെ നിരാകരി അവനുക്ക് ഇണകളെയും നിശ്ചയമാണാ ഏർപ്പെടുത്താ റപ്പാൻവൻറെ നബിയേ കൂടുവീരാണ് അവനെ അതേലിന് ഉയരമായ മലകളെ അമീ സകലവിധമായ പൊഴിന്നാൽ ഉണവുകളോട് സമമാ അമയ നാല് നിർണയിത്തംയ പോ പടൈക്ക നാടിനാണ് അവൻ അതും ഭൂമിക്കും വിരുപ്പടനായും അല്ലെ വെറുപ്പു ഇരുപ്പിനും വാരുങ്ങൾ കൂറിനാ അതൊക്കെ അവണ്ടും േണ്ടോ ആകെ ഇരണ്ട് നാടുകളിൽ അവാനങ്ങളാ അവൻ ഏർപ്പെടുത്തിനാ ഒര് വാനത്തും അവർക്ക് ഉറിയ കടമ ഇന്നതെ അറിയിത്തു സമീപമാണ് വാനത്തെ നാം വിളക്ക് കൊണ്ട് അലങ്കരിത്തോ ഇന്നും അതായി പാതുപ്പും ആക്കിനോ ഇത് യരെയും മികത്തവനും മിക്കോനുമാകിയ ഇറവനുടേ കട്ടളയാകും അവർ പുറക്കണിത്ത് വിടുവാകളായ ഉണ്ടാക ഇടി മുഴക്കം പുയൽ പോദനയെ പോലെ ഇടിമുഴക്കം കൊണ്ട വേദനയെ നാം ഉച്ച നബിയേ കൂടുവീരാണ് അല്ലാതെ അഞ്ചി വേറെ എതനെയും വഴങ്ങാീർന്ന് അവർക്ക് മുൻപും പിന്നാലും അവരുടം തൂത വന്ന പോപ്പു നാടി അവൻ മലക്ക് കളെ തൂതേതാൻ എതായി കൊണ്ട് അനുപെട്ടിരിക്കോ അതായി നിശ്ചയമാരാകരിക്കോട് അന്റിയും ആത് കൂട്ടത്താർ ഭൂമിയിൽ അനിയായ പെരുമയടി കൊണ്ട് എങ്ങനെ വിട വലിമയിൽ മിക്കവർ യാർന്ന അവ പഠിത്ത അല്ലാഹ് നിശ്ചയമാട വലിമയിൽ മിക്കവൻ എന്നതെ അവരു അവ നം അത്താക്ഷികളെ മറത്തവാറേ ഇരുന്ന അവ കൊടിയാറ്റോലും മറന്നുള്ള വേദനയോ മികവും ഇഴിവുള്ളതാകും അന് അവലും ഉദവി ചെയ്യപ്പെടുക കൂട്ടത്താരുക്കോ നാം അവിയെ കാണിത്തോ ആയു അവർ നേർവഴിയെ കാട്ടിലും കുരുത്തനത്തെയും സമ്പാദി കൊണ്ട പാപത്തിന കാരണമാകിയ ഇടിമുഴക്ക അവേറ്റിനോ അല്ലാഹുവ നരക തീയൻ ഒന്ന് തരട്ടപ്പെടും നാളിൽ അവർ തനിത്തനിയാ പ്രിക്കപ്പെടുവീൽ അവർ അത്തീയ അടയും പോലും അവതിരായ അവർ കണുകളും അവർ തോലുകളും അവണ്ടി സാക്ഷി കൂറും അവർ തൻ തോലുകളെ നോക്കി എങ്ങനെ എതിരായി ഏക്ഷി കൂറിയേണ്ടു അവ എല്ലാ പൊരുക്കളെയും പേശുംപടി ചെയ്യും അല്ലാതെ എങ്ങനെ പേശുംപടി ചെയ്ത അവൻതാൻ ഉണ്ടെ മുതൽ തടവെയും പഠിത്താൻ പിന്നും നിങ്ങൾ അവനിടമേ കൊണ്ടുവരപ്പെട്ട് കൂറും ഉൾപ്പെടുത്തും ഉള്ള കണകളും ഉള്ള തോലുകളും ഉണ്ടു എതിരായി കാക്ഷി കൊല്ലാൽ പൊരുട്ട് ഉൾപ്പെടെ മറത്തക്കൊള്ള മുടിയും ചെയ്തു കൊണ്ടിരുന്നവറ്റിൽ മികുമായതെ നിശ്ചയമാല്ലാം അറിയ മാട്ട് എണ്ണിക്കൊണ്ടീ ആകെ ഉൾപ്പെട്ടി എണ്ണിയ തവറാ എണ്ണമു അഴിത്ത് വിട്ടത് ആകെ നഷ്ടമിവിട്ടി അവർ വേദനയെ സഹിത്ത് പൊറമയായി അവർക്ക് നരക നെരുപ്പ് താൻ തങ്കുമിടം ആകും അറിയിച്ച മന്നിപ്പ് കേട്ട പോലും അവർ മന്നിക്കപ്പെടോ അത്തീയ കൂട്ടാളികൾ അവർ പിന്നാലും അഴകാ കാണിത്തേക്കും മനുഷ്യർ മീഡിയ നം ഉണ്ടായിരുന്ന അവർ നഷ്ടവളികളായി അത് ഓദപ്പെടും അതിൽ കുഴപ്പം ചെയ്തു കൂച്ചിടുങ്ങൾ മികുത്ത് വിടുവീട്ടു നിരാകരിപ്പവർ തങ്ങളെ സാർന്നോടം കൂറിഞ്ഞ നിരാകരിപ്പോ നാം നിരകം നം വസനങ്ങളെ അവർ നിരാകരി കൊണ്ടിരുന്നവൻ കൂലിയാ അവരന്തരമായ വീട് അന് നരകത്തിലാണ് ഉണ്ട് അളിൽ നിരാകരിപ്പവർപ്പേ ജിന്നും മനുഷരിൽ വഴികോരെയുള്ള വഴികെടുത്തവുകളെയും എങ്ങനെയുണ്ട് കീഴാക്കി മിതിപ്പോൾ നിശ്ചയമാവുകൾ എങ്ങനെ ഇവൻ അല്ലാതാൻ കൂറി അതീ ഉ നിലത്ത് നിന്നാ നിൽ മലക്കുകൾ വന്ന് ഭയപ്പെടാ കവലയും പടവ മഹിഴ്ചി വരുമ്പോൾ ഇറങ്ങുവെങ്കിൽ ഉലകവാ ഉദിയാളിൽ ഉൾപ്പെടം വരുമ്പതെല്ലാം ഉണ്ടാക്കി അതിൽ കിടക്ക മികവും മന്നിപ്പവൻ മിക്ക കരുവൈ ഉടയം ഇരുന്ന് വിരുദ്ധം ഇത് എന്ന് കൂടുവീഴ് അക്കം മക്കളെ അഴൈത്ത് സാലികാ നക്കർമ്മങ്ങൾ ചെയ്തു നിശ്ചയമാൻ അല്ലാഹുക്കും മുറ്റിലും വഴിപെട്ട മുസ്ലിമുകളിൽ നിന്നും ഉള്ളവൻ കൂടു കിട്ടോ അവരെവിടെ കൊല്ലാൽ അഴകിയവർ യാരെ വെക്കുന്ന നന്മയും തീമയും സമമാകട്ടീമയ നന്മയെ കൊണ്ടേ തടുത്തക്കൊള്ളു അപ്പോഴും യുക്കും ഉമക്കും ഇടയേ പകൈമോ അവർ ഉറ്റ നെ പോൽ ആകിവിടുവർ പൊറമയേ അവർ തവരയാരും അടയമാട്ടം ഉടയവർ തവരയാരും അടയു ഷെയ്റെ ഏതേനും ഊസാട്ടം തീയതയ് ചെയ്യ ഉം തൂണ്ടായ ഉടനെ അല്ലാഹുവിടം കാവൽ നേടിക്കൊള്ളവീരുക നിശ്ചയമാവും ശരിയേപ്പതകറികവൻ ഇരവും പകലും സൂര്യനും ചന്ദ്രനും അവനുടേ അട്ടാക്ഷികളിൽ ഉള്ളവൈതാം ആകെ നിങ്ങൾ അല്ലാഹെയേ വണങ്ങുകവുകള സൂര്യനുക്കും ചന്ദ്രനുക്കുംജൂതു ചെയ്യാതീ ഇവറ്റ പഠത്തവനാകിയ അല്ലാഹുക്കേ സുജൂത് ചെയ്യുണ്ടല്ലാതെ എവരേനും പെരുമയത്തവരുപ്പ അവനുക്ക് നഷ്ടമില്ല ഉം ഇളവനം ഇരു വാണവർ ഇരവിലും പകലിലും അവനെ അവർവടെ വരണ്ട് കിടപ്പതും അവരുടെ അത്താക്ഷികളിൽ നിന്ന് അതീ നാം മഴയെ പൊഴിയച്ചാൽ അതിൽ പുറത്തൂണ്ട് കിളമ്പി പസുമ ഇവർ മറിത്ത ഭൂമിയെ ഉയർപ്പിത്തവനേ നിശ്ചയമാറുന്നവരെയും തട്ടു ഉയർപ്പിക്കുന്നവൻ തന്നെ അവൻ എല്ലാ പൊരുക്കൾ മീരും പേരാറ്റൽ ഉടയവൻ നിശ്ചയമാസനങ്ങളിൽ സറുക അവലുകൾ നമുക്ക് മറക്കില്ല ഇറയപ്പെടുമ്പ അല്ല മർമ്മ നാളുകൾ അച്ചം തീർന്നു വരുമ്പനാ വരുമ്പിയതേ ചെയ്തു കൊണ്ടിരു നിശ്ചയമാൻവറ്റ ഉോക്ക് നിശ്ചയമാ നല്ലുപദേശം ആണ് തമ്മി വന്ന പോ നിരാകരിത്തോ അവണർവാര അത് നിശ്ചയമാണ്ണിയേദമാകും പിന്നോ ഉ പുറമ്പാ എം നെരുങ്ങാ ഇത് പുഴുക്ക് ഉറിയം മിക്കവൻ അല്ലാഹുവിടം ഇരുന്ന് ഇറങ്ങിയുള്ളത് നബിയേ ഉമുക്ക് മുൻ വന്ന തൂതപ്പെട്ടതെ അൻ ഉമുക്ക് കൂടില്ല നിശ്ചയമാനാ നോവിനും വേദനോനുമാക്കി നാം ഇതെ പുറ അറബി അല്ലാതെ അജമി ഇറക്കിയിരുന്ന വസനങ്ങൾ വിളക്കപ്പെട്ട കൂടാതെ മൊഴി ദൂര അറബിയരാമൻ കൊണ്ടവർക്ക് ഒരു വഴികാട്ടിയും അരുമരുതും ആകും ആവശ്യ അവവിട്ടും അവർ കണുകളിൽ കുരുത്തനമേ അവർ നിശ്ചയമാണോ അതിൽ മാറുപാട് ചെയ്യപ്പെട്ടുവിട്ട അഞ്ചിയും ഉള്ള ഏകദേശം അവർക്ക് ഇടയേ തീർപ്പ് അളിക്കപ്പെട്ടേക്കും നിശ്ചയമാണ് അവർ സന്തേഹത്തിലേയേണ്ടോ അത് അവരുടെ നന്മയാകും എമം അത് അവരുക്കേ കേടും അന്റിയും ഉണ്ടോടിയു തൻ അടിയാർഗ്ഗം അനുയായം ചെയവൻ അല്ല ഇറതി തീർപ്പിൻ വേളയ്ക്ക് ഉറിയം അവനുക്ക് സ്വന്തമാണോ ഇന്നും അവൻ അറിയാമിൽ എം അവൻ പാളുകളിലൊന്ന് വെളിപ്പെടുവില്ല ഇതി തീർപ്പുക്കാൻ അന് നാളിൽ അവൻക്ക് ഇണയാക്കപ്പെട്ടവ എങ്കേ എന്ന് അവർ കേൾക്കും എങ്ങളിൽ എവരുമേ അവ സാക്ഷി കൂടുപാൽ ഉനക്ക് അറിയിച്ച അഞ്ചെയും മുന്നാൽ അവർ ദൈവങ്ങൾ അഴിത്തു കൊണ്ടിരുന്ന അവട്ടും മറന്ന് വിടും അവർക്ക് പുലിടം ഇല്ലേ എല്ലാ അറിഞ്ഞകൊള്ളവ് മനുതൻ നമ്മി പ്രാർത്ഥന കെപ്പതോർവില്ല ആനാൽ അവനെ കെടുതി തീണ്ടുമായി അവൻ മനമുടൈന് നിലാസുള്ളവനാകും അവനെ തീണ്ടിരുന്ന കെടുതിക്ക് പിൻ നാം അവനെ നം അറ്മ കൃുകയെ സുവക്കുറ ആകും അഞ്ചിയും വിസാരണക്കൂരിൽ നന്മയേ കിടക്കും ആകെ നിരാകരിപ്പവർ ചെയ്തവത്തെ അവർക്ക് നിശ്ചയമാ നാം നാം അവയ കടുമയ വേദനയെ സുവക്ക ചെയോ അഞ്ചിയും മനതനക്ക് നാം അരുൾപുരി അവൻ നന്ദി ഉണർവിൻ്റെ നമ്മൾ പുറക്കണിത്ത് വിലകിച്ച് ആണോ അവർ കെടുവി തീണ്ടിനുവിടം ഇതെ നിരാകരിത്താൽ ദൂരമായ വ്രോദത്തിൽ ഉള്ളവരായി ഉണ്ടെവിടെ അധിക വഴികേടൻ യാർ എങ്ങൾ പാർക്കില്ല നിശ്ചയമായ ഇവ്വേദം ഉമ്മയാനത് എന്ന് അവളും പൊരുട്ട് നമ്മുടെ അത്താക്ഷികളെ ഉലകത്തിൽ പല കോണങ്ങളിലും അവർക്ക് ഉള്ളേയും സീക്കരമേ നാം അവ നബിയേ ഉം ഇറവൻ നിശ്ചയമാ എല്ലാവറ്റെയും പാർട്ടിക്കൊണ്ടിരിക്കാൻ എന്നത് ഉതുമായതാ ഇല്ലയ നിങ്ങൾ ഇറവനെ സന്ദിപ്പ് കുറിച്ച് സന്തേഹത്തിൽ അറിഞ്ഞ കൊള്ള നിശ്ചയമാൻ എല്ലാ പൊരുക്കളെയും സൂന്റവനാ